നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചത് അവനാകുന്നു അതിൽ ചില വചനങ്ങൾ വ്യക്തമായവയാണ് അവയാണ് വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനം മറ്റു ചിലവസമാനമായവയാണ് എന്നാൽ യാതേര ഹൃദയങ്ങളിൽ വ്യതിയാനമുണ്ട് അവർ കുഴപ്പങ്ങൾ അതിന്റെ വ്യാഖ്യാനം തേടാനുമായി സമാനമായ വചനങ്ങളെ പിന്തുടരുന്നു അള്ളാഹുസുബ് ഹാനഹുവലയല്ലാതെ അതിന്റെ വ്യാഖ്യാനം അറിയുന്നില്ല വിജ്ഞാനത്തിൽ ഉറച്ചു പറയുന്നു ഞങ്ങൾ അതിൽ വിശ്വസിച്ചു എല്ലാം ഞങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാണ് ബുദ്ധിമാന്മാർ മാത്രമേ ഓർമ്മിക്കൂ